അത്രയും പുരുഷസ്വയം ജ്യോതി ശ്രുതിവപ്രകാശ അവസാനത്തെ ഹേതുവാണ് ശ്രുതി പറയുന്നു അതുകൊണ്ട് സ്വപ്രകാശമാണ് പിന്നെ അവിടെ കൂടുതൽ മറ്റു പ്രമാണങ്ങളുടെയെന്നും ആവശ്യമില്ല ശ്രുതി നേരിട്ടി തന്നെ പറഞ്ഞു ബൃഹധാരൃത്തിന് നാലാം അധ്യായം ജനകൻ ഈ ആജ്ഞവൽക്കനോട് അല്ലാജ്ഞത്യൻ ജനകന ഉപദേശിക്കുന്നു അല്പത്തിരിഞ്ഞു അവിടെ സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു പക്ഷെ അത്രയും വർഷീന്ന് പറയുന്നിടത്ത് ഒരു പ്രത്യേകതയുണ്ട് ഈ പറയുന്നത് സ്വപ്നത്തെ സംബന്ധിച്ച് സ്വപ്നത്തിലാണ് അപ്പോ കാര്യം വളരെ എളുപ്പമായി ചെറിയ പറഞ്ഞാൽ പിന്നെ ഒന്നും ചോദ്യം ചെയ്യാനില്ല സ്വപ്നാവസ്ഥ അധികൃത്യ ഇത് മാമനായതേ തത്ര മനസ്സു അനുപരമാ എന്ന സ്വയം ഇത് സ്വപ്നാവസ്ഥയിലാണ് പറയുന്നത് അവിടെ മനസ്സുണ്ട് അനുഭവമാണല്ലോ സ്വപ്നത്തിലും മനസ്സുകൊണ്ട് ചിന്തിക്കുന്നില്ലേ ജാഗ്രതത്തിലെങ്ങനെയാണോ അഹം അസ്മി എന്ന് പറയുന്നത് സ്വപ്നത്തിലും പറയുന്നു അപ്പം മനസ്സുകൊണ്ട് അവിടെ ആത്മാവിനെ അറിയുന്നു മനസ്സുകൊണ്ട് വിഷയങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പോൾ സ്വയം ജ്യോതിഷം എന്ന് ജാഗ്രത പറഞ്ഞാൽ മതിയല്ലോ സ്വപ്നത്തിൽ പോകണം രണ്ടു ഒരുപോലല്ലേ മനസ്സവിടെ ഇല്ലെന്ന് തെളിയിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് അനുഭവമുണ്ട് അനുഭവം ഉണ്ടല്ലോ സ്വപ്നം അനുഭവണ്ട് പിന്നെ എന്തിനാ ജാഗ്രതത്തിൽ തന്നെ ഇതൊക്കെ പറയാമല്ലോ ജാഗ്രത പറഞ്ഞാൽ എന്താ മനസ്സുണ്ടെങ്കിൽ മനസ്സാണറിയുന്നത് ആത്മാവിനെ ഇപ്പൊ മനസ്സ് പ്രകാശിപ്പിക്കുന്നു എന്നു മനസ്സ് പ്രകാശിപ്പിക്കുന്ന എങ്ങനെ സ്വയം പ്രകാശമാകും സ്വപ്നത്തെ എന്തുകൊണ്ട് വിശേഷിച്ച് പറഞ്ഞു അതടുത്ത് പറയുന്നതിന് സ്വപ്നാവസ്ഥ അധികൃത്യ ഇതമാമനായതേ സ്വപ്നാവസ്ഥയെ അധികരിച്ചിട്ടാണ് ഇത് പറയുന്നത് തത്ര മനസ്സോ അനുപരമാ മനസ്സവിടെ ഉപരമിക്കുന്നില്ല എന്ന് എന്തുകൊണ്ട് പ്രത്യേകം പറഞ്ഞോ സുഷുതിയിൽ ഉപരമിക്കുന്നു അതുകൊണ്ടാണ് സ്വപ്നത്തിൽ മനസ്സ് ഉപരമിക്കുന്നില്ല എന്നാ സ്വയം ജ്യോതിഷം അപ്പൊ അവിടെ സ്വയം ജ്യോതിഷം എന്ന് പറയാൻ കഴിയില്ല മനസ്സുള്ളിടത്തെ സ്വയം ജ്യോതിഷാവുന്നു എന്നുവെച്ചാൽ മനസ്സോ ഗണതാസകർമ്മതയായവ അവസ്ഥാന കരണാന്തര അഭാവാശ്ച ആത്മൈവ സ്വയം ജ്യോതിരി ഇപ്പൊ സിദ്ധാന്തിയുടെ ഭാഗത്ത് എന്ന് പറയുന്നത് ശരിയാണ് മനസ്സുണ്ടവിടെ സ്വപ്നത്തിൽ പക്ഷെ അത് ജാഗ്രതയിലെ പോലെ അല്ല അവിടെ എല്ലാമായിട്ട് പരിണമിച്ചിരിക്കുന്നത് മനസ്സാണ് എങ്ങനെ മനസ്സെന്ന കർണമായും ഇന്ദ്രിയങ്ങളാകുന്ന കർണങ്ങളായും മനസ്സുകൊണ്ട് ഗ്രഹിക്കുന്ന വിഷയങ്ങളായും എല്ലാം പരിണമിച്ചിരിക്കുന്ന ഒരു മനസ്സാണ് അവിടെ ഉള്ളത് അതുകൊണ്ടാണ് സ്വപ്നവത്തം എന്ന് പറയുന്നത് ജാഗ്രതെന്ന് വ്യത്യാസമുണ്ട് ജാഗ്രത മനസ്സ് വേറെയുണ്ട് ഇന്ദ്രിയങ്ങൾ വേറെയുണ്ട് വിഷയം വേറെയുണ്ട് അതുകൊണ്ട് എന്താ അവിടെ ഇതെല്ലാം അവഭാസ്യമാണ് എല്ലാം ഇതെല്ലാം അവഭാസ്യമായിരിക്കുന്നതുകൊണ്ട് അവഭാസകമായി വേറൊന്നുമില്ല എല്ല അറിവിന് വിഷയമായിരിക്കുമ്പോ അറിയിക്കാൻ പിന്നെ അവിടെ ഒന്നേ ഉള്ളൂ ഏത് ആത്മാവ് അതുകൊണ്ടാണ് ആത്മാവിന് സ്വയം പ്രകാശം എന്നാലും മനസ്സുണ്ടോ ഇല്ലേ എന്നുള്ളത് മനസ്സോടെ ഉണ്ടായാലും മനസ്സുൾപ്പെടെയുള്ള അവിടെ എന്തൊക്കെയുണ്ടോ എല്ലാം എന്തായി ഭസ്യമായി അറിവിന് വിഷയമായി അപ്പൊ അത് അറിയുന്നു പറയാൻ പറ്റും അറിവിന് വിഷയമായ റിയിക്കുമോ ഒന്നുമില്ല കർണങ്ങൾ ഉൾപ്പെടെ അപ്പൊ അവിടെ സ്വയം പ്രകാശമായിരിക്കുന്ന എന്താണ് ആത്മാവ് തന്നെ സ്വപ്ന അതാണ് സ്വപ്നത്തെ പ്രത്യേകം പറഞ്ഞത് ജാഗ്രതങ്ങനെ സംഭവിക്കുന്നുണ്ട് സുഴ്ത്തി സംഭവിക്കുന്നുണ്ടോ അങ്ങനെ ഒന്നുമില്ല ഇതൊക്കെ ഇങ്ങനെ ഉള്ളോട് തന്നെ പറയാൻ പറ്റൂ അതാണ് സിദ്ധാന്തി പറയുന്നത് അതിന് പൂർവോക്ഷം നിഷേധിക്കുന്നു മനസ്സോ ഗജാദ്യാകാര പരിണതസ്യ മനസ്സ് തന്നെയാണ് ഗജാതി എന്ന് വെച്ചാൽ കാര്യമായും കരണമായും എല്ലാം പരിണമിച്ചിരിക്കുന്നത് മനസ്സ് തന്നെ ഔഭാസകർമ്മതയ ഇതെല്ലാം എന്താണ് അവിടെ അവഭാസ കർമ്മമാണെന്ന് വെച്ചാൽ ജ്ഞാനത്തിൻ്റെ കർമ്മമാണെന്ന് വെച്ചാൽ ഭാസ്യമാണ് അവഭാസ്യമാണ് എല്ലാം അവഭാസകം എന്ന് പറഞ്ഞാൽ എന്താണോ ഭാസിപ്പിക്കുന്നത് അത് അവഭാസകം അവഭാസകം ഏത് പ്രത്യേകം വന്നോ നുലുത്രിച്ചവും ഭാസ് ദീപ്തവും യുവരനാകുവാകുന്നു ഭാസകം ഭാസിപ്പിക്കുന്നത് അവഭാസകം ഇവിടെ എന്ന് പറഞ്ഞിരിക്കുന്നു അവഭാസക അവഭാസ കർമ്മ ഇവിടെ അവഭാസകമല്ല അവഭാസം അവഭാസകമെന്ന് പറയാം അവഭാസകമായെന്ത് ആത്മാവ് നവഭാസമായി എന്തോന്ന് ജ്ഞാനം അവഭാസ്യമായെന്തോന്ന് കർമ്മങ്ങൾ അവഭാസ കർമ്മതയോ എല്ലാം കർമ്മമായി പിന്നെ ഇവിടെ അവഭാസവും അവഭാസകവും ഒന്നു തന്നെ അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഉപഭാസം തന്നെയാണ് ാണ് ചേർത്ത ആദ്യം പറഞ്ഞു ജ്ഞാനം ആത്മാവ് ഇപ്പം പറയുന്ന എന്താണ് ആത്മാവ് ആത്മാവ് രണ്ടു മൂന്ന് ജ്ഞാനമാണ് കർമ്മതയ ഏവ അവസ്ഥാനോഭാസ കർമ്മമായി അത് സ്ഥിതി ചെയ്യുന്നു കരണാന്തര അഭാവാച്ച് അതുമാത്രമല്ല അവിടെ വേറിട്ടൊരു കരണമില്ല ജാഗ്രത പോലെയല്ല മനസ്സിൽ നിന്ന് വേറിട്ട് ഇന്ദ്രിയങ്ങളുണ്ട് അവിടെ എല്ലാം ഇതുതന്നെ മനസ്സിന്നെ രഥ രഥയോ പഥ സൃജത ശ്രീജി എല്ലാം സൃഷ്ടിക്കപ്പെടുകയാണ് അന്ധക്കർണം പരിണമിച്ചെല്ലാം ആയി മാറുകയാണ് അതിനെല്ലാം ഭാസിപ്പിക്കുന്നു എന്റെ സ്വയം ജ്യോതിസായ ആത്മാവ് ആത്മേവ സ്വയം ജ്യോതി സാദ് ആത്മാവ് തന്നെയാണ് അതുകൊണ്ടാണ് സ്വപ്നത്തിൽ പോയിട്ട് സ്വയം ജ്യോതിസെന്ന് പറഞ്ഞത് ജാഗ്രതെന്നും പറയുന്നതിനുള്ള ഒരു സൗകര്യം ഇല്ല അവിടെ വരെ കർണം നിൽക്കും എന്താ പറയാ ആ കർണം പ്രകാശിപ്പിക്കുന്നതാണെന്ന് പറയും ഇത് സിദ്ധാന്തി വൃം പൂർവക്ഷി എന്ത് പറയുന്നു അതൊന്നും ശരിയല്ല നിങ്ങള് പറയുന്ന ശരിയാണ് എന്തുകൊണ്ട് മനസ്സഹ് അവഭാസത്തിന്റെ വിഷയം അവഭാസത്തിന്റെ വിഷയമായി അന്ധകരണം അവഭാസിപ്പിക്കുന്നത് ആത്മാവ് എടുത്തിട്ട് സ്വപ്നത്തിലുള്ള സർവ്വതം അവഭാസകർമ്മ അവഭാസ വിഷയം കർമ്മം വിഷയം ഒന്നും അതിനവഭാസിപ്പിക്കുന്ന ജ്ഞാനിയായ ജ്ഞാനരൂപിയായ ആത്മാവ് എന്ന് പറയുന്നു മനസ്സാധ്യാകാരണതാ കർമ്മതയാണ് അവഭാസത്തിന്റെ കർമ്മമാണ് മനസ്സെല്ലാം വിഷയമായി പോയി ജ്ഞാന വിഷയമായില്ല അവിടെ സ്വയംചോദായ ആത്മാവ് എല്ലാത്തിനെയും വിഷയമാക്കുന്നു സ്വപ്നത്തിൽ അതുകൊണ്ടല്ലേ പറയുന്നതെല്ലാം മനസ്സിന്റെ പരിണാമമാണ് എന്ന് സിദ്ധാന്തം പറയുമ്പോൾ പൂർവക്ഷിയോടെ ചാടി വീഴുന്നു പറയുന്നു മനസ്സുരാധിപതി ഇന്ദ്രിയത്വേന പ്രത്യക്ഷത്വ അനുഭവത്തേഹേ അവൻ പറയുന്നു മനസ്സ് പ്രത്യക്ഷമാകാൻ പാടില്ല എന്തുകൊണ്ട് ഇന്ദ്രിയമാണ് ഇന്ദ്രിയം പ്രത്യക്ഷമല്ലോ ഇന്ദ്രിയത്തിന്റെ ലക്ഷണം കൊടുത്തിട്ടുണ്ട് ശരീര സംയുക്തം അതീന്ദ്രിയം സാക്ഷാത് പ്രതീതി സാധനം വ്യാഖ്യാനത്തെ രണ്ടാമത്തെ വലിയ കൊടുത്തിട്ടുണ്ട് ഇന്ദ്രിയെന്ന് പറഞ്ഞാൽ അതിന്റെ ലക്ഷണം എന്താണ് ശരീര സംയുക്തമാണ് പിന്നെ അതിന്റെ പ്രത്യേകത എന്താണ് അതീന്ദ്രിയമാണ് സാക്ഷാത് പ്രതീതി അപരോക്ഷ പ്രതീതിക്ക് സാധനമാണ് മനസ്സെന്ന് പറയുന്നു അങ്ങനെ ഒരു ഇന്ദ്രിയമാണ് അപ്പം മനസ്സിന്റെ ലക്ഷണമനുസരിച്ച് മനസ്സ് അതീന്ദ്രിയമാണ് അല്ലേ അപ്പം പറയുന്നു അവഭാസ ജ്ഞാനത്തിന്റെ കർമ്മം എന്ന് പറയുമ്പോന്നൊരു അതപരോക്ഷവും മനസ്സീന്ദ്രിയായ മനസ്സ് ജ്ഞാനകർമ്മം എന്നെടുത്തു കഴിഞ്ഞാൽ അത് അപരോക്ഷവും രണ്ടും പരസ്പര വിരുദ്ധമാണ് മനസ്സ് ഒരേ സമയം ജ്ഞാനത്തിന്റെ കർമ്മമാകുക എന്ന് പറഞ്ഞാൽ അപരോക്ഷത് അതീന്ദ്രിയോ നടക്കത്തില്ല അപ്പൊ എന്തോ പറയേണ്ടി വരും മനസ്സ് ജ്ഞാന കർമ്മം അല്ലെന്ന് സ്വീകരിക്കേണ്ടി വരും അങ്ങനെ സ്വീകരിക്കേണ്ടി ഇന്ദ്രിയം തന്നെയാണ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായി അവിടെ എല്ലാത്തിനെയും അറിയുന്നത് ഇന്ദ്രിയെന്ന് പറയുന്ന മനസ്സെന്ന് പറയുന്ന ഇന്ദ്രിയം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ആത്മാ സ്വയം നല്ലൊരു അടിയാ കിട്ടിയത് എന്തേ അങ്ങനൊരു സാധനമേ ഇല്ലല്ലോ സ്വയംപ്രകാശം എന്തിനാ അതിലേക്കെല്ലാം ഉള്ളു സ്വയംപ്രകാശം വേറെ ആരും ഇങ്ങനെ സ്വയം പ്രകാശം പിന്നെ ഉള്ളത് പ്രാഭാകരനാണോ അതൊരു വല്ലാത്തത് സ്വയം പ്രകാശം ഉം അത് വ്യാഖ്യാനിച്ചല്ലോ അത്രയും സ്വയം ചോദ്യം ഇതാണ് അത് ഇനിയും പറയും എന്താണ് അതിന്റെ അർത്ഥം ഒന്നും വ്യാഖ്യാനിക്കുന്നു ശ്രുതിയെ നിഷേധിക്കത്തില്ല ശ്രുതിയെ പറഞ്ഞിട്ടില്ലേ ശ്രുതി ആരും നിഷേധിക്കത്തില്ല ശ്രുതിയെ വ്യാഖ്യാനിക്കുന്നു എന്താണെന്ന് അടുത്ത് പറയും കർക്കീൻറെ കയ്യില ഇല്ലാത്ത കർക്കേന്റെ കയ്യിൽ നിന്ന് പോയതേ ഉള്ളു വേറെ എവിടെയും ആരുടെ കയ്യിൽ കർക്കേനാകുന്നൊരു വിഷയമേന്ന് ഇന്ദ്രിയ പ്രത്യക്ഷത്വ അനൂപത്തെ ഹേ ഇന്ദ്രിയമായതുകൊണ്ട് അത് പ്രത്യക്ഷം അല്ല അതുകൊണ്ട് തന്നെ എന്താണ് മനസ്സ് ഇന്ദ്രിയമാണ് പ്രത്യക്ഷം അല്ല അതുകൊണ്ട് ജ്ഞാനത്തിന്റെ കർമ്മം അല്ല മറിച്ച് എന്താണ് അത് കരണമാണ് അതാണ് ആത്മാവിനെ പ്രകാശിപ്പിക്കുന്നത് അതുകൊണ്ട് ആത്മാവ് സ്വയം പ്രകാശം തസ്മാന സംയോഗ ജന്യജ്ഞാനാധാരത്വന സ്വയം ശബ്ദവാച്ച് ആത്മാ ജ്യോതിരിത്യവിധീയത സ്വയം ജ്യോതിരാത്മാന്ന് പറഞ്ഞാൽ എന്താണോ എന്റെ അർത്ഥം സ്വയം എന്ന് പറയുന്ന ആത്മാതിഹി എന്നാണ് എന്നാ പറയുന്നു എങ്ങനെ നമ്മളൊരു നിലവിളക്ക് കൊളുത്തിവെച്ചിട്ട് പറയും ഇത് ജ്യോതിസാണെന്ന് പറയും ആ വിളക്ക് ഇത് വിളക്കെന്ന് പറയും അല്ലേ അതുപോലെ ആത്മാവിൽ ഞാനേ ഇരിക്കുന്നു സ്വവായ സംബന്ധത്ത് ആത്മാവൻ എന്തു പറഞ്ഞു സ്വയം ആത്മാ ജ്യോതി അതിങ്ങനെ ഒരു ലൈറ്റം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അതിന്റെ അർത്ഥം ലോകത്ത് അങ്ങനെ പ്രയോഗിക്കുന്നത് നിലവെ കൊടുത്തി വെച്ചാൽ പറയും നല്ല വെളിച്ചം ഉണ്ടെന്ന് പറയും അങ്ങോട്ട് വിളക്കാണെന്ന് പറയും അത് പ്രത്യേകിച്ച് അതിൽ ജ്വലിക്കുന്ന ദീപം എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല മൊത്തമാണ് പറയുന്നത് വിളക്കാണ് വെളിച്ചം തരുന്നു എന്ന് അതുകൊണ്ട് സ്വയം ജ്യോതി ആത്മാന്ന് പറയുന്നത് ശരിയെന്നെ ആത്മാവ് സ്വയം ജ്യോതിസോടുകൂടിയിരിക്കുന്നു പ്രകാശത്തോടു കൂടിയിരിക്കുന്നു തർക്കി മതമനുസരിച്ച് ആത്മ മനസംയോഗം കൊണ്ട് ആത്മാവിൽ സ്വായ സംബന്ധത്തിൽ ജ്ഞാനം ജ്ഞാനത്തിന്റെ ആധാരമായി ആത്മാല വിളക്ക് പോലെ ഉള്ളു അതാണ് തസ്മാത് അതുകൊണ്ട് മനസ്സംയോഗജന്യ ഞാൻ ആധാരത്വമാണ് ഞാൻ ആധാരം വെച്ചാൽ ഞാൻ സ്വായ കാരണത്വമാണ് സ്വയം ശബ്ദവാച്ചി ആത്മാ സ്വയം തന്നെ ആത്മാ ജ്യോതിരത്യവിധിയേത് ആത്മാവിനെ ജ്യോതിസം എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല അർത്ഥം മനസ്സിലാക്കണം ഇനി ജ്യോതി സാധനത്വാത്വാ ജ്യോതിക്കൊരു സാധനമാണ് എന്നുവെച്ചാൽ ദ്രവ്യമായിരിക്കുന്ന ആത്മാവ് ആത്മ മനസ്സമയവും കൊണ്ടുണ്ടാകുന്ന ജ്യോതിക്കൊരു സാധനമാണത് കാരണവല്ലേ അതുകൊണ്ട് തന്നെ എന്തു പറയുന്നു സ്വയം ജ്യോതിഷെന്ന് പറയുന്നു ജ്യോതിഷ സാധനത്വാത്മാ ഇതൊക്കെ നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിച്ചു അതിന് ശ്രുതി തന്നെ പറയുന്നത് വാച അവിടെ ചോദിക്കും ഈ പകലായി സൂര്യനെ അസ്തമിച്ച പിന്നെ എന്താ ചോദിച്ച് ചന്ദ്രനും അസമിച്ച എന്താ അഗ്നി ഇല്ലാതായി കഴിഞ്ഞാൽ എന്താ വാക്ക് ഇങ്ങനെ കുറച്ചായിട്ട് പറഞ്ഞു പോകും എത്തിച്ചേരും അപ്പൊ ഇതിനെ അതിലിപ്പോ വാക്ക് എന്ന് പറഞ്ഞു വാക്ക് വാക്കെങ്ങനെ അത് ജ്യോതിഷാണോ അ പ്രകാശമല്ലോ പിന്നെ വാക്ക് ജ്യോതിക്ക് സാധനമാണ് അതവിടെ ഉദാഹരണ ഭാഷകാരം വ്യാഖ്യാനിക്കുന്നതാണ് രാത്രി ഇരുട്ടത്ത് കൂരിട്ടത്ത് നടക്കുന്നു ദൂരെ പട്ടികുരയ്ക്കുന്നു അല്ലേ അപ്പൊ ആ ആ ശബ്ദം എവിടെ നിന്ന് വന്നു വാഗീന്ദ്രിയന്നു ആ ശബ്ദം കേട്ടിട്ട് എന്ത് ചെയ്യുന്നു ബോധം ഉണ്ടായി അവിടെ വീടുണ്ടങ്ങോട്ട് നടക്കുന്നു അപ്പൊ വാക്ക് ജ്യോതിസായ അതറിവുണ്ടാക്കിയോ വാക്കവിടെ ജ്യോതിസായല്ലോ വാഗീന്ദ്രിയമോ അതിൽ നിന്ന് വന്ന ശബ്ദമോ എന്തായാലും ശരി അതിൽ നിന്ന് കേട്ടാലും ബോധം ഉണ്ടായല്ലോ അവിടെ വീടുണ്ടെന്ന് അപ്പോ ജ്യോതിസാധനമാണത് അതുപോലെ ആത്മാവ് എന്താണ് ജ്യോതിസാധനമാണ് അല്ലാതെ ആത്മാവ് നമ്മൾ പറയുന്ന തരത്തിൽ ജ്ഞാനസ്വരൂപം അല്ല എന്നാണ് അതാ പറഞ്ഞത് കാർക്കികേന്റെ കയ്യിൽ നിന്ന് പോയതേ ഉള്ളു അതാണ് ജ്യോതിസാധനത്വാത്മാ ജ്യോതിക്ക് സാധനമായിരിക്കുന്നതുകൊണ്ടും വാച ഏവായും ജ്യോതിഷ അഗ്നന ഏവായു ജ്യോതിഷ പ്രകരണ പഠിത വാക് അഗ്നാതിവത് ഇതേ പ്രകടനത്തിൽ തന്നെ വാഗ് അഗ്നിയാദികളെ ജ്യോതിഷിന്റെ സാധനമാണ് ആത്മാവ് എല്ലാം ഒരേ അർത്ഥം തന്നെയാണ് എന്നത്വത്മാസ്വയും ചോദി അതുകൊണ്ട് ആത്മാവസ്വയം ചോദി അല്ല എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ മനസ്സുണ്ടോ എന്ന് പറയുന്നത് അദ്വൈതി സമ്മതിക്കുന്നു ആ മനസ്സ് ഇന്ദ്രിയമായതുകൊണ്ട് ആ മനസ്സ് അവിടെ ജ്ഞാനത്തിന് കരണമാണ് അങ്ങനെ ആത്മാവിൻ്റെ ജ്ഞാനം ഉണ്ടാകുന്നു അല്ല ആത്മാവ് സ്വയം ജ്യോതിസായതുകൊണ്ട് അല്ല ാണ് പറയുന്നത് സിദ്ധാന്തി എന്താ പറയുന്നത് മനസ്സിന്റെ പരിണാമമാണ് മനസ്സോടെ ആത്മജ്യോതിസിന്റെ വിഷയമാണെന്നോ പറയുന്നു ഒരിക്കലും മനസ്സ് വിഷയമാവുന്നില്ല എന്നുകൊണ്ട് മനസ്സ് അതീന്ദ്രിയം ആണോ ഇന്ദ്രിയങ്ങളെല്ലാം അതീന്ദ്രിയങ്ങളാണ് മനസ്സും ിയമാണ് അതുകൊണ്ട് അതീന്ദ്രിയമാണ് അത് വിഷയമാകുന്നില്ല മറിച്ച് അതെന്ത് ചെയ്യുന്നു ജ്ഞാനത്തിന് അത് കാരണം ആകുന്നു സ്വപ്നത്തിന് ഇതു സംഭവിക്കുന്ന ആത്മവനസമയോഗം ഉണ്ടാകുന്നു എന്ത് ചെയ്യുന്നുണ്ട് അതാണ് താർക്കിയം പറയുന്നത് എന്താണ് പുരീത നാടിയുടെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഇല്ല പുറത്തു വന്നാൽ ഇതിന്റെ ഒരു എടയുണ്ട് അതിന്റെ ആരം നാടിയുടെ ആ ഒരു അ ചർമ്മത്തിന്റെ അവിടെ നിന്നു കഴിഞ്ഞാൽ സ്വപ്നം ഒരു പ്രത്യേക ആത്മവിനിലും ഞാൻ കാരണമായ ആത്മവിനുസമയം ഇല്ല ആത്മാവന സംയോഗം മാത്രം പോര ഇനിയോ ഞാന് കാരണമായ ആത്മവിഭന സംയോഗം എവിടെ കയറിയാലില്ല അതില്ല ഇതോയി ചന്ദ്രന് വീണതുപോലെ അവിടെ ഉണ്ട് കാലം ഒരു കണക്ഷൻ ഇല്ല കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ ഞാനാ കാരണമായ സംയോഗമില്ല അതുകൊണ്ടും ജ്ഞാനം ഇല്ല സാധനമുണ്ടോ അവിടെ ഏക്രമന എന്താ പറയുന്നു താർക്കിൻ കയ്യിൽ നിന്ന് പോയതേ ഉള്ളൂന്ന് എന്നെ തൂ ആത്മാസ്വയം ചെയ്യാത്തിരുത്തി ദ്രവ്യസ ഗുണത്വ അനുപത്തേലി ചെയ്ത് അത് മാത്രമല്ല ആത്മാവ് ഒരു കാരണം വച്ചാലും സ്വപ്നത്തിൽ പോലും സ്വയം ചോദിച്ചാകത്തില്ല എന്തുകൊണ്ട് ആത്മാവ് ദ്രവ്യമാണ് ജ്ഞാനം ഗുണമാണ്ങ്ങനെ ഗുണമാകും ഗുണമായല്ലേ ജ്ഞാനമാകത്തുള്ളൂ ദ്രവ്യം എങ്ങനെ ഗുണമാകും ഗുണമാകാതെങ്ങനെ ജ്ഞാനമാകും ദ്രവ്യസ ഗുണത്വ അനുപത്തെ ഹേ ഇത് ചേ എല്ല കാർക്കിയം വരുമ്പോ എന്താണ് ചിലപ്പോ നേരിട്ടടിക്കും ചിലപ്പോ എന്തു ചെയ്യും ബ്ലോക്ക് ചെയ്തിട്ടടിക്കും ഒഴിഞ്ഞു മാറി അടിക്കും പലതരത്തിലുണ്ടടിക്കും ഒഴിവ് എന്ന് പറയുന്നു ഒരു പ്രത്യേക അഭ്യാസമാണ് അടി കൊള്ളാതെ ഒഴിയാനും പിടിക്കുന്നു അങ്ങനെ പലതരത്തിലുള്ള അടിയാണ് ഒഴിമുറ എന്ന് പറയും അതുകൂടെ വേണം ദ്രവ്യ ഗുണത് അനുപത്തെ ചേം സിദ്ധാന് സമ്പ്രയത് വിവായവത് എടപാട് ആർക്കി ആർക്കീൻ്റെ ഒറ്റ പാട്ട് പാടിയപ്പോ സംഗതികരിക്കും ഒറ്റ പാട്ടിൽ ഒതുക്കി കളഞ്ഞു സർഗീം പറയുന്നെന്താണ് മനസ്സേന്ദ്രിയമായത് കൊണ്ട് അത് പ്രത്യക്ഷമാകത്തില്ല കൊണ്ട് സ്വയം ജ്യോതിഷായ ആത്മാവിനകരിക്കലും വിഷയം ആകത്തില്ലെന്നാണ് പറയുന്നു മനസ്സ് പ്രത്യക്ഷമാണ് മനഃപ്രത്യക്ഷ ആത്മവത് എങ്ങനെ വിജ്ഞാന അസോവായനഹ സംബന്ധസ് വിജ്ഞാന അസവായ കാരണരൂപ ആത്മമന സംയോഗസ്ഥ അനുമാനം ധാരാളക്കൂടത്തിൽ ഈ പാട്ടിന്റെ ഉള്ളിലൊരു അനുമാനം ഒളിപ്പിച്ചിരിക്കുകയാണ് എന്താണ് മനഃപ്രത്യക്ഷം ജ്ഞാന അസമയകാരണ ആധാരത്വ ആത്മാവ് അനുമാനം എന്താണ് പക്ഷം മനസ്സ് മനഃപ്രത്യക്ഷണ പക്ഷം മനഃപക്ഷം സാധ്യമെന്താണ് പ്രത്യക്ഷത്വം ഏതും എന്താണ് ണ ആശ്രയമൊന്നും ആധാരമൊന്നും എന്തുകൊണ്ടെന്ന് പറയാം ആത്മവത് ആത്മ ദൃഷ്ടാന്തം ആദ്യം പക്ഷത്തിൽ ഏതുകൊണ്ടോന്ന് നോക്കണം ജ്ഞാനത്തിന് അസമവായു കാരണമായിരിക്കുന്ന എന്താണ് ആത്മമനസ്സംയോഗം അതിനാണ് പാട്ടിൽ പറഞ്ഞ എന്താണ് സംബന്ധസ്യം എന്ന് പറഞ്ഞ ജ്ഞാനം വിജ്ഞാന വിജ്ഞാനത്തിന് അസോവായി ആയിരിക്കുന്ന അസോവായ കാരണമായിരിക്കുന്ന സംബന്ധം അസവായ കാരണത്തിന്റെ ലക്ഷണം എന്താ പഠിച്ചത് സത്കാരണം കാര്യമായ എന്ത് സത്കാരണം എന്തായി മനസ് അല്ല എന്തുകൊണ്ട് മനസ്സ് ദ്രവ്യമാണ് ആത്മാവ് ദ്രവ്യമാണ് രണ്ടും തമ്മിലുള്ള സംബന്ധം എന്താണ് സംയോഗം ആത്മാവിൽ സ്വയ സംബന്ധത്തിരിക്കുന്ന എന്താണ് മനസ്സിന് ആത്മാവിനോടുള്ള സംയോഗം സംയോഗം ഗുണമാണ് ആത്മാവ് ദ്രവ്യമാണ് ുണം ആത്മാവിൽ സമവായ സംബന്ധത്തിയിരിക്കുന്നു എല്ലാം നൈയായികന്റെ പ്രക്രിയ അനുസരിച്ച് തന്നെ മറുപടി പറയുന്നു അപ്പൊ കാര്യം ജ്ഞാനം കാര്യം ആത്മാവേദം സത്കാരണം അവിടെ സമവായ സംബന്ധത്തിയിരിക്കുകയും ജ്ഞാനത്തിന് കാരണമായി തീരുകയും ചെയ്യുന്നു എന്ത് ആത്മനസംയോഗം സംയോഗം അവിടെ ആയിരിക്കുന്നു ആത്മാവിനായിരിക്കുന്നു മനസ്സിലുമുണ്ട് ഇവിടെ ഇപ്പൊ ആത്മാവിനെടുക്കുന്നതുണ്ട് ഏകസ്വന് അർത്ഥമായിട്ട് എങ്ങനെ എടുക്കണം അവിടെ സമുദായ സംബന്ധത്തിലിരിക്കുന്നു എന്ത് ആത്മനസംയോഗം ആത്മാവൻ സമീപത്തെ അസംവായ കാരണമെന്നും അസമയ കാരണത്വം അസംബന്ധമാണ് അതാണ് വിജ്ഞാന അസംവായന അതുകൂടെ പറഞ്ഞിരിക്കുന്നത് ജ്ഞാന അസവായ കാരണ ആധാരം എന്തായി ആത്മാവുമായി മനസ്സുമായി എന്തുകൊണ്ട് സംബന്ധം വേദന ഇഷ്ടമാണ് ആത്മാവിനിരുന്നാൽ മനസ്സിലൊരിക്കും ആത്മാവിനെ നേരത്തെ എന്തിനെടുത്തു ആത്മാവിനു സംയോഗം അസംവായ കാരണമാണെന്ന് കാണിക്കാൻ മനസ്സിലായോ ജ്ഞാനത്തിന്റെ അസംഭായ കാരണം ആത്മാവന് സംയോണെന്ന് കാണിക്കാനാണ് ആ ലക്ഷണത്തെ സമീപിച്ചത് അവിടെ എന്ത്രിക്കുന്നു എന്ത് ആത്മാവന് സം ആധാരമായിട്ട് ആത്മാവിനെടുത്തു അനുമാനത്തിൽ പക്ഷത്തിൽ ഹേതുവിനെ സമന്വയിപ്പിക്കുമ്പോൾ ജ്ഞാന അസമവായ കാരണമായി ആത്മാവിന് സംയോഗം അതിന്റെ ആധാരം എന്തായി മനസ്സ് മനസ്സി കൊണ്ടുവരണം പക്ഷമായത് കൊണ്ട് ഇപ്പൊ ഹേതുപക്ഷത്തിൽ യാന് കമാ അക്ഷരം ഉണ്ടാൻ പറ്റൂ പറ്റത്തില്ല ഇനി ദിഷ്ടം നോക്കുക ആത്മാഅസായ അസമവായ കാരണമായ ആത്മാവിന്റെ ആത്മാവിനെ സംയോഗത്തിന്റെ ആധാരം എന്തായി ആത്മാ രണ്ടിടത്തും വന്നു എന്തുകൊണ്ട് സംയോഗം ഉഭയനിഷ്ഠമാണ് മനസ്സിൽ വരാമെങ്കിൽ ഇവിടെ വരും ആത്മാവിനും പക്ഷത്തിൽ ഒരു തരത്തിൽ സമന്യിച്ചു ദിഷ്ടാന്തത്തിൽ വേറൊരു തരത്തിൽ സമന്യിച്ചു ഇനി സാധ്യം നോക്കുക ആത്മ അപ്രത്യക്ഷമാണോ നയായികന്മാർക്ക് പ്രത്യക്ഷമാണോ അഹമസ്മി അനുഭവത്തിൽ ആത്മ അപ്രത്യക്ഷം എന്നവർ പറയുന്നു സാധ്യവും ദൃഷ്ടാന്തത്തിൽ ഇനി പക്ഷം എന്താണ് മനസ്സ് അതിലെന്ത് ശ്രദ്ധിച്ചോ പ്രത്യക്ഷത്വം അതാ പറയുന്നു വളരെ ഈസി ആയിട്ട് കാര്യം സാധിച്ചു തർക്കയും പറയുന്ന ഇന്ദ്രിയമായ പ്രത്യക്ഷമല്ല അതിഥി പറയുന്ന എന്താണ് നിങ്ങളുടെ സിദ്ധാന്തമനുസരിച്ചത് പ്രത്യക്ഷമാണ് ചെറിയ മറവി പറ്റിയതാണ് ഒരു മിസ്റ്റേക്സ് അപ്പൊ അത് അതുകൊണ്ട് എന്ത് മനസ്സ് പ്രത്യക്ഷമാണ് പ്രത്യക്ഷം ആത്മാവൻ അപ്പൊ ആത്മാവിന്റെ വിഷയ മനസ്സ് അപ്പൊ ആത്മാവ് സ്വയം ചോദിച്ചല്ലെങ്കിൽ പിന്നെ എങ്ങനെ മനസ്സ് പ്രത്യക്ഷമാകും സ്വയം ചോദിച്ച ആയാലല്ലേ പെട്ടു വേറെ ഒന്നും ഈസി ആയിട്ട് കാര്യം സാധിച്ചു അതാണ് മനഃപ്രത്യക്ഷം ഞാൻ അസമയ കാരണ ആധാരത്വ ആത്മ അനുമാനാ മനസ്സോവി പ്രത്യക്ഷത്തോ ബുദ്ധിഹേ മനസ്സും പ്രത്യക്ഷം ആണ് പ്രശ്നം തീർന്നു ഇത്രയും പറഞ്ഞോടുകൂടി ആത്മാവ് മനസ്സ് പ്രത്യക്ഷമായോ ആത്മാവ് സ്വയം ജ്യോതിസായി കാരണം മനസ് പ്രത്യക്ഷമായ ആരുടെ ജ്ഞാനത്തിന് വിഷയം വേറെ ഒന്നുമില്ല ആത്മാനം എന്താണ് ആത്മാവേന്ന് അതിന്റെ വിഷയമായി ആത്മാവ് സ്വയംജ്യോതിസായിയെ പറ്റി പ്രത്യക്ഷത്വേരി ഇന്ദ്രിയത്വ വ്യാകോപ എന്താണ് ശരി നിങ്ങൾ പ്രത്യക്ഷം ഒന്ന് പറഞ്ഞു മനസ്സിനെ തൽക്കാലം ജയിച്ചു പക്ഷെ അപ്പൊ അത് ഇന്ദ്രിയം അല്ലാതായിത്തീരും എന്തുകൊണ്ട് എന്തുകൊണ്ട് ഉത്തരം നേരിട്ട് ഞാൻ പറഞ്ഞു ലക്ഷണം പറഞ്ഞിരിക്കുന്ന എന്താണ് ശരീര സംയുക്തം അതീന്ദ്രിയം സാക്ഷാത് പ്രതിസാധനം അതാണ് ഇന്ദ്രിയം അല്ലേ അത് നിങ്ങളീകരിച്ചല്ലേ അത് അംഗീകരിച്ച സ്ഥിതിക്ക് മനസ്സിനെ പ്രത്യക്ഷമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ഇന്ദ്രിയല്ലാതായി തീരും മനസ്സേന്ദ്രിയ പിന്നെന്തോ ഇന്ദ്രിയമായി സ്വീകരിക്കണമെന്ന് പ്രത്യക്ഷത്വിയത്വം വ്യാപക മനസ്സിനെ ഇന്ദ്രിയമെന്ന് സാറുണ്ടല്ലോ അല്ല എന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് മനസ് ശ്രേഷ്ഠാണി ഇന്ദ്രിയ വേദാന്ത പരിഭാഷയിലും മറ്റും പറയും മനസ്സേന്ദ്രിയല്ലെന്ന് അത് അവിടുത്തെ പാട്ടനുസരിച്ചാണ് ഇപ്പൊ നമ്മൾ ഇവിടുത്തെ പാട്ടനുസരിച്ച് നോക്കുക അത് സംഗതി കഥ അങ്ങനെ പറയുന്നവരും ഉണ്ട് മനസ്സെന്തി വേണ്ട ശ്ലോകമാണ് വേദാന്തപരിഭാഷ ചിസ്സുകിയുടെ ശ്ലോകങ്ങളുണ്ട് ചിസ്സുകിയെക്കാളും കുറച്ചുകൂടി സംഗ്രഹം സംഗ്രഹീതമാണ് അതുകൊണ്ട് കുറച്ചുകൂടി ൂടാവുന്ന സാധനം ശുസുകി അങ്ങനെ പ്രയാസമായി തോന്നുന്നുണ്ട മനസിലാക്കാൻ മനസ്സിലാക്കാൻ പ്രയാസമാണെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഒരു പ്രശ്നം വരും എന്താണോ ഏ കേട്ടില്ല ആ ഓർമ്മയില്ല ഇരിക്കും ആ വാദമാണ് പ്രമാണങ്ങളെക്കുറിച്ചുള്ള ചർച്ച നമ്മള് കൂടുതൽ ചർച്ച വരുന്നത് പ്രമേയ വിഷയത്തെ ആത്മാവ് സ്വയം പ്രകാശമാണോ അങ്ങനെ പ്രമാണത്തെക്കുറിച്ചുള്ള ചർച്ച പ്രമാണെന്ന് പറയുമ്പോൾ കുറിച്ചുള്ള ചർച്ച പ്രത്യക്ഷ അനുമാനം ബഹുമാനം ശബ്ദം അർത്ഥാപത് കാഴ്ചപ്പാട് എന്താണ് അതാണ് ഇവിടെ ചർച്ച ചെയ്ത് അതിൻ്റെയൊക്കെ ലക്ഷണം അങ്ങനെ പറയുന്നു അല്ല ആകെ ഇവിടെ താർക്കികൻ്റെ ലക്ഷണമല്ലേ ഒന്നൊക്കെ സമ്മതമാണോ അല്ലയോ മറ്റതും വരും രണ്ടായിട്ടാണ് പ്രമാണ പരിചയതും പ്രമേയ പരിചയം അങ്ങനെ പ്രമാണത്തെക്കുറിച്ച് ഗ്രന്ഥങ്ങളൊന്നിനും ചർച്ച ചർച്ച ചെയ്തെന്ന് വെച്ചാൽ താർക്കിക ശൈലിയിലില്ല താർക്കികന്മാരുടെ ആ ശൈലി വേദാന്ത സാരം സിമ്പിൾ ധർമ്മരാജ് അധുരീന്ദ്രൻ ചിന്താമണി ടീകാ ദശ ടീകാ വിഭഞ്ജിനി എന്നെ കുറിച്ച് അറിയാമോ ചിന്താമണി തത്വചിന്താമണി എന്ന് പറയുന്ന ഗംഗേശ് ഉപാധ്യന്റെ നവ്യന്യായത്തിന്റെ മഗ്ന കാർത്ത പ്രമാണങ്ങളെ കുറിച്ച് എല്ലാം ഉണ്ട് ന്യായത്തിന്റെ മാനിഫെസ്റ്റോ ആണ് അതിന് ഞാനൊരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് ആ വ്യാഖ്യാനത്തിൽ പത്ത് ടീകളെ കണ്ടിച്ചിട്ടുണ്ടെന്നാണ് അങ്ങനെയുള്ള ഞാനാണ് ഈ പുസ്തകം എഴുതുന്നത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് തുടങ്ങും വേദാന്ത പരിഭാഷ പത്ത് ടീകളെ കണ്ടിച്ചുകൊണ്ട് ഒരു ടീഗ എഴുതിയ ആളാണ് ഈ ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അപ്പം അതിന് ഈ പത്ത് ടീയെ കണ്ണിച്ച പൊസ്സ എഴുതിയ ആള് എഴുതുന്നതിന് അതിൻ്റെതായ ചില പ്രശ്നങ്ങളും ഉണ്ട് എന്നാൽ ചില സിദ്ധാന്തങ്ങളും ഉണ്ട് അദ്ദേഹത്തെ അംഗീകരിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ് പിന്നെ അതിന് വേറൊരു പ്രത്യേകത ഇവിടെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ അതിനൊരു വ്യാഖ്യാനം എഴുതി എന്താണ് എങ്ങനെയാണോ ഭക്ഷോജി ദീക്ഷിതരുടെ മകൻ ശബ്ദ കൗസ്തുഭവം എന്ന് ഒരു വ്യാഖ്യാനം വഴി സിദ്ധാന്ത അതുപോലെ അതുപോലെ എന്നൊരു പ്രത്യക്ഷത്തെ ഇന്ദ്രിയത്വ വ്യാകോപക മനസ്സിനെ പ്രത്യക്ഷമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഇന്ദ്രിയല്ലാതാവും ഇന്ദ്രിയാണ് നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു അതൊന്നും പ്രശ്നമില്ല എന്തുകൊണ്ട് തസ്യ സാക്ഷി വേദ്യസ്യ അപിന്ദ്രിയ വിഷയത്വേന ഇന്ദ്രിയത്വ അവ്യോപ്യോപാ വ്യാകോപയില്ല എന്നർത്ഥം പറയുന്നു ഞങ്ങള് രണ്ടും ഒപ്പിച്ചു തരാം ഏ അത് അത് വേദ്യവുമാണ് ഇന്ദ്രിയവുമാണ് എങ്ങനെ സാക്ഷി വേദ്യ മനസ്സെന്ന് പറയുന്നത് സാക്ഷി വേദ്യമാണ് സാക്ഷി വേദ്യമായതുകൊണ്ട് മനസ്സെന്തായി അതീന്ദ്രിയുമായതുകൊണ്ട് ഐന്ദ്രിയ ജ്ഞാന അഭിഷേകന നിങ്ങൾ അതീന്ദ്രിയെന്തിനാ പറയുന്നത് ഐന്ദ്രിയക ജ്ഞാന വിഷയം ഇന്ദ്രിയ ജ്ഞാന വിഷയം ഐന്ദ്രിയകം ഇന്ദ്രിയ സംബന്ധിന്ദ്രിയ ജന്യംമായ ജ്ഞാനം ഇന്ദ്രിയ ജന്യമായ ജ്ഞാനത്തിന്റെ വിഷയമായാൽ അതിനെ ഐന്ദ്രിയകം എന്ന് പറയും അതീന്ദ്രിയെന്താ പക്ഷെ ഇവിടെ എന്താണ് ജ്ഞാനത്തിന്റെ വിഷയമാണ് സാക്ഷിയുടെ ഇന്ദ്രിയത്തിന്റെ വിഷയമല്ലാതുകൊണ്ട് അതീന്ദ്രിയം ജ്ഞാനത്തിന്റെ വിഷയമായതുകൊണ്ട് സാക്ഷിയുടെ വിഷയമായതുകൊണ്ട് പ്രത്യക്ഷം ഇന്ദ്രിയ വിഷയമല്ലാത്തതുകൊണ്ട് അതീന്ദ്രിയൻ അപ്പോൾ ഈ ലക്ഷണം യോജിക്കുക എന്താണ് ശരീര സംയുക്തം അതീന്ദ്രിയം യോജിക്കും സാക്ഷാത് പ്രത്യക്ഷ സാധനം അത് യോജിക്കും ജാഗ്രതയുടെ മനസ്സിന് ലക്ഷണം യോജിക്കും അതെ സാക്ഷി വേദ്യശ്യാപി ഐന്ദ്രിയജ്ഞാന അഭിഷയത്വേനാ ഇന്ദ്രിയോപ എന്ന് പറയുന്നതിന് വ്യാകോപം ഇല്ല ബാധയില്ല എന്നറിയും മനസ്സിന്ദ്രിയവുമായി ആത്മജ്ഞാനത്തിന് വിഷയവുമായി ആത്മരൂപജ്ഞാനത്തിന് വിഷയവുമായി അപ്പൊ സ്വപ്നത്തിലെ മനസ്സെന്ന് പറയുന്നത് തന്നെയാണ് എല്ലാമായി പരിണമിച്ചിരിക്കുന്നത് അത് ഏത് ജ്ഞാനത്തിനും വിഷയം ജ്യോതിഷയും ജ്യോതിസായ ആത്മാവിന് വിഷയമാണ് അതുകൊണ്ട് ആത്മാവ് അല്ല വേറൊരു ജ്യോതിസവിടെ ബാക്കിയുള്ള എല്ലാ ജ്ഞാന വിഷയമാണ് സമസ്ത കളങ്ക അവകാശം ആത്മനസ്വപ്രകാശത്വം അതിന് ുന്നു അതുകൊണ്ട് നിരസ്ത സമസ്ത കളങ്ക അവകാശം കളങ്കയ്ക്കുള്ള അവകാശം സമസ്തവും നിരസ്തമായി എന്തെങ്കിലും ഒരു ദോഷം ചൂണ്ടിക്കാണിക്കാൻ ഇനി ഒരു പഴുതുമില്ല എന്നത് തസ്മാ നിരസ്ത സമസ്ത കളങ്ക നിരസ്തം സമസ്ത കളങ്ക അവകാശം ത്തിൽ അതെന്താണ് ആത്മനെ സ്വപ്രകാശത്വം അതുകൊണ്ട് എല്ലാ രീതിയിലും എന്ത് ചെയ്തു സ്വപ്രകാശത്വം സമർത്ഥിച്ചു ആദ്യത്തെ ഏതും എന്താണ് ചുരുദ്രൂപത്വ സ്വയം ജ്യോതിരി ആത്മനസ്വപ്രകാശത്വം ക്ഷമാർ പാട്ട് കൊടുപ്പി അവിടെ ഇന്ദ്രനു വേണ്ടി സംബന്ധ ആശ്രയത്വേന വിജ്ഞാന അസമയായി ഇന്ദ്രിയത്വ അവിഘാതാശം മനഃപ്രത്യക്ഷമാ ഇത് മനസ്സിനെ പ്രത്യക്ഷമാണെന്ന് സമർത്ഥിക്കാൻ താർക്കികുക്തി അനുസരിച്ച് അത് സമർത്ഥിച്ചത് കൊണ്ട് തന്നെ എന്തായി മനസ്സ് പ്രത്യക്ഷമാകുന്ന സ്വപ്നത്തിൻ്റെ ഏതൊരു ജ്യോതിസനാണോ ആ ജ്യോതിഷാണ് സ്വയം ജ്യോതിസ് അപ്പോ ഇവിടെ അദ്വൈതിയുടെ ആത്മാവല്ല താർക്കികന്റെ ആത്മാവ് മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ ആത്മാവ് എന്താണ് സ്വയം പ്രകാശം